തീർച്ചയായും ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബാനഹുവത്തായാല നിങ്ങൾക്ക് കാണിച്ചു തന്നതനുസരിച്ച് നിങ്ങൾ വിധി നടത്തേണ്ടതിന് സത്യത്തോടു കൂടിയാണ് നാം നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നത് വഞ്ചകരുടെ അഭിഭാഷകനാകരുത് നിങ്ങൾ